തിന്മകളിൽ നിന്ന് അവരെ നീ കാത്തുരക്ഷിക്കണമേ ആ ദിവസം ആരെ നീ തിന്മകളിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നുവോ തീർച്ചയായും നീ അവനോട് കരുണ കാണിച്ചു അതാണ് മഹത്തായ വിജയം